ം ഇരുപത്തിരണ്ട് അക്കാലത്ത് യോശുവ രൂപേന്യരെയും ഗാദ്യരെയും മനശയുടെ പാതിഗോത്രത്തെയും വിളിച്ച് അവരോട് പറഞ്ഞത് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച് നടന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ പോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാക്തത്വം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശ യോർദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശ മടങ്ങിപ്പോയിക്കൊള്ളി എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിക്കും ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ചു യാത്രയച്ചു അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോകുകയും ചെയ്തു മനശയുടെ പാതിഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം കൊടുത്തിരുന്നു മറ്റേ പാതിഗോത്രത്തിന് യോർദാനിക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത് വളരെ നാൽക്കാലികൾ വെള്ളി പൊന്ന് ചെമ്പ് ഇരുമ്പ് വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കലിൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്യും അങ്ങനെ രൂപേന്യരും ഗാദ്യരും മനശയുടെ പാതിഗോത്രവും മോശമുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായ ഗിലയാദ്ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ഷീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ട് പുറപ്പെട്ടു അവർ കനാൻ ദേശത്തിലെ യോർധാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂപേന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതിപോത്രവും യോർദാന സമീപത്ത് ഒരു യാഗപീഠം കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതും രൂപേന്യരും ഗാദ്യരും മനഷയുടെ പാതിഗോത്രവും ഖനാൻ ദേശത്തിന്റെ കിഴക്കുപുറത്ത് യോർധാന്യ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ഷീലോവിൽ ഒന്നിച്ചുകൂടി േൽ മക്കൾ ഗാദ്ദേശത്ത് രൂപീന്യരുടെയും ഗാദ്യരുടെയും മനശയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലയാസാരിന്റെ മകനായ ഫിനഹാസിനെയും അവനോടുകൂടെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പ്രതിർഭവനത്തിന് ഓരോ പ്രഭുവീതം പത്ത് പ്രഭുക്കന്മാരെയും അയച്ചു അവരിൽ ഓരോരുത്തനും താൻ താന്റെ പ്രതിർഭവനത്തിൽ ഇസ്രയേലിലെ സഹസ്രങ്ങൾക്ക് ായിരുന്നു അവർ ഗലയാതേശത്ത് രൂപേന്യരുടെയും ഗാദ്യരുടെയും മനശയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത് എന്തെന്നാൽ യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണിത് ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രയേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത് പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ അതു നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ നിങ്ങൾ ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ പോകുന്നുവോ നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കുന്നു നാളെ അവൻ ഇസ്രയേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും നിങ്ങളുടെ അവകാശ ശുദ്ധം എന്നു വരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നുവന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവേ എന്നാൽ നമ്മളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത് ഞങ്ങളോടും മത്സരിക്കരുത് സേരഹിന്റെ മകനായ ആഖാൻ ശബദാർപിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാ കോപം ഇസ്രയേലിന്റെ സർവസഭയുടെ മേൽ വീണില്ലയോ അവൻ മാത്രമല്ലല്ലോ അവന്റെ അകൃത്തിത്താൽ നശിച്ചത് അതിന് രൂപേന്യരും ഗാദിരും മനുഷ്യയുടെ പാതിഗോത്രവും ഇസ്രയേലിയ തലവന്മാരോട് ഉത്തരം പറഞ്ഞത് സർവവല്ലഭനാകുന്ന ദൈവമായഹോവ സർവവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു ഇസ്രയേലും അറിയട്ടെ ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ യഹോവയെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം അല്ല അതിന്മേൽ ഹോമയാകവും പോചനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നുവെങ്കിൽ യഹോവ തന്നെ ചോദിച്ചുകൊള്ളട്ടെ നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ ഞങ്ങളുടെയും രൂപേന്യരും ഗാദ്യരുമായ നിങ്ങളുടെയും മധ്യ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തും എന്നുള്ള ശങ്കൊണ്ടല്ലയോ ഞങ്ങളിത് ചെയ്തത് അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്ന് ഞങ്ങൾ പറഞ്ഞു ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾ യഹോവിയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ഈ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാകത്തിനല്ല ധനയാകത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമീൻ എന്ന് മറുപടി പറവാൻ ഇടയാകും ഞങ്ങൾ നമ്മുടെ ദൈവമായ ഹോവിയുടെ തിരുനിവാസത്തിന്റെ മുമ്പാകെയുള്ള അവന്റെ യാഗപീഠമൊഴികെ ഓമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠമുണ്ടാക്കിയിട്ട് യഹോവിയോട് മത്സരിക്കുകയും ഇന്ന് ഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ രൂപന്യരും ഗാദ്യരും മനഷയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ പിനഹാസും അവനോടുകൂടെ സഭയുടെ പ്രഭുക്കന്മാരായി ഇസ്രയേല്യ സഹസ്രങ്ങൾക്ക് തലവന്മാരായവരും കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി പുരോഹിതനായ എലയാസാറിന്റെ മകൻ പിനഹാസ് രൂപന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനശയുടെ മക്കളോടും നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായിക കൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഇസ്രയേൽ മക്കളെ യഹോവയുടെ കൈയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പുരോഹിതനായ എലയാസാറിന്റെ മകൻ പിനഹാസും പ്രഭുക്കന്മാരും രൂപന്യരെയും ഗാദിരെയും വിട്ട് ഗലയാദ്ദേശത്തുനിന്ന് കനാൻ ദേശത്തേക്ക് േൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവരോട് വസ്തുത അറിയിച്ചു ഇസ്രയേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി അവർ ദൈവത്തെ സ്തുതിച്ചു രൂപേന്യരും ഗാദ്യരും പാർത്തദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല രൂപേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏ എന്ന് പേരിട്ടു